നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒരു വിശാലമായ സങ്കല്പത്തിനെ പറ്റിയിട്ട് പറയുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഇനി നമുക്ക് നവഗ്രഹങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇതുവരെ പറഞ്ഞത് എങ്ങനെ ആരാധനകൾ രൂപം കൊണ്ടു ഭൂമിയുടെ പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗോളങ്ങളല്ല പ്ലാനറ്റ് അല്ലെങ്കിൽ ഗോളം എന്ന അർത്ഥത്തിലെടുക്കരുത് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന കുറേ ശക്തികളുടെ പ്രതീകങ്ങളായിട്ടാണ് അവരെ ആരാധിക്കണത് അത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലുണ്ടാവണം എന്നിട്ട് ഇത് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ എന്ന വ്യക്തിയെ മുൻനിർത്തിയിട്ട് ലോകത്തിനെ മുഴുവൻ ചിന്തിച്ചിരിക്കുകയാണ് എന്നിൽ ഉള്ളതൊക്കെ ലോകത്തിലുണ്ട് ലോകത്തിലുള്ളതൊക്കെ എന്നിലുണ്ട് ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോളെ നമുക്കിതിനെ കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇനി നവഗ്രഹങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഉദ്ദേശങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രതീകമായ കാര്യങ്ങൾക്കൊക്കെ മുഴുവൻ തത്വങ്ങളല്ല തത്വങ്ങൾ തന്നെയാണ് പക്ഷെ ആ തത്വങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതിൽ ധാരാളം ഭാവനകൾ ചേർത്തുണ്ട് കഥകൾ ചേർത്തിട്ടുണ്ട് ഫാൻറ്റസി ചേർത്തിണ്ട് അതുകൊണ്ട് ഫാന്റസി ഭാവന കഥകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട് വളരെ രസകരമായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പലതും നേരിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കഥകളിലൂടെയാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭാവനകളിലൂടെയാണ് പലതരത്തിലുള്ള ഫാൻറ്റസിയിലൂടെയാണ് നമുക്കിതൊക്കെ പറഞ്ഞാതിരിക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറഞ്ഞിരുന്നു ഒരു കടയിൽ നമുക്ക് ധാരാളം മിഠായി വിൽക്കാൻ വച്ചിട്ടുണ്ട് ഒരു കുറേ പാത്രങ്ങളിൽ കവറില്ലാത്ത മിഠായിയാണ് കവറിങ്ങൊന്നുമില്ല വ്രത വെച്ചിരിക്കുകയാണ് മിഠായി പലതരത്തിലുള്ള കളറുകളിൽ മൂന്നാല് പാത്രങ്ങളിൽ നല്ല ഭംഗിയുള്ള കവർ കവറോട് കൂടിയിട്ട് നന്നായി പാക്ക് ചെയ്ത മിഠായികളിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ഏത് മിഠായി വാങ്ങുക നല്ല ഭംഗിയുള്ള കവറുള്ള മിഠായിയാണ് വാങ്ങുക കവറില്ലാത്ത മിഠായി വാങ്ങാൻ കുറവായിരിക്കും എന്നിട്ട് ഈ മിഠായി വാങ്ങിയിട്ട് അതിൻ്റെ ആ ഭംഗിയുള്ള കവറെടുത്ത് അങ്ങോട്ട് കളഞ്ഞ് അതിനുള്ളിലത്തെ മിഠായി അങ്ങനെ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അൻപത് രൂപ ഒരു മിഠായിക്ക് വില നമ്മൾ ആ കവറ് കഴിക്കാറില്ല കവറെടുത്ത് കളയും അതിനുള്ളിലത്തെ മിഠായി തിന്നും ആ കവറിൻ്റെ പാക്കിങ്ങിൻ്റെ ഭംഗി നമ്മൾ ആ മിഠായി വാങ്ങണത് പല മിഠായികളും വാങ്ങണത് അതിൻ്റെ പാക്കിങ്ങിൻ്റെ മിഠായിയുടെ കവറിൻ്റെ ഭംഗി ഇതന്നെയാണ് പുരാണവും ഫാൻറ്റസിയും ഭാവനയും ഒക്കെ ഉള്ളത് മിത്തുകളും നേരിട്ട് നമ്മളോടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കില്ല അപ്പം അതുകൊണ്ട് ഭംഗിയുള്ള കഥകളും ഭംഗിയുള്ള ഭാവനകളും ഫാൻറ്റസികളുമൊക്കെ ചേർത്തിട്ട് ഒരു കവറ് കൊണ്ട് ഈ പറഞ്ഞ തത്വങ്ങളെ പൊതിഞ്ഞിരിക്കുകയാണ് നല്ല മധുരമുള്ള തത്വങ്ങളാണ് അതിനെ നല്ലൊരു കവറുണ്ട് ആ കവറെന്നു പറഞ്ഞാൽ കഥയായിരിക്കാം ഭാവനയായിരിക്കാം ഫാൻറ്റസി ആയിരിക്കാം അങ്ങനൊരു കവറുകൊണ്ട് ആ തത്വത്തിനെ മിഠായി ആകുന്ന തത്വത്തിനെ തത്വമാകുന്ന മിഠായിയെ പൊതിഞ്ഞു ഇതിന് നമുക്ക് തന്നു നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ കവറ് അല്ലെങ്കിൽ ആ കളഞ്ഞ മിഠായി തന്നെയാണ് ചെയ്യുക അതായത് അതിൻ്റെ കഥയും അതിൻ്റെ ഭാവനയും ഫാൻറ്റസിയുമൊക്കെ മാറ്റി അതിനുള്ളിലത്തെ തത്വം മനസ്സിലാക്കുകയാണ് വേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നേരെ തിരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത് ആ കഥ എടുക്കും അതിൻ്റെ തത്വം മനസ്സിലാക്കില്ല അതായത് മിഠായി എടുത്ത് കളഞ്ഞ് കവറ് സൂക്ഷിക്കുന്നർത്ഥം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളതിൻ്റെ തത്വത്തിലേക്കാണ് പോണ്ടത് നമുക്ക് സൂര്യൻ ചന്ദ്രൻ ഏറ്റവും നവഗ്രഹങ്ങളിൽ ആദ്യത്തെ പ്രഥമ സ്ഥാനം അന രണ്ട് പേര് സൂര്യനും ചന്ദ്രനുമാണ് സൂര്യൻ ചന്ദ്രൻ എന്താണ് സൂര്യൻ എന്താണ് ചന്ദ്രൻ അപ്പോൾ ഗ്രഹം പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത് നമ്മളെ സ്വാധീനം ചെലുത്തുന്നത് ആണ് എന്ന് പറഞ്ഞു ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ എന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികളാണ് ഒന്ന് അച്ഛനും ഒന്നമ്മയും അത് സംശയമില്ല ലോകത്തിലേത് ജീവജാലത്തിനാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അച്ഛനും അമ്മയാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട് പത്തു മാസം വയറ്റിൽ കിടന്നുപോയി പത്തു പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി പത്തു മാസം നമ്മളമ്മുടെ വയറ്റിലായിരുന്നു പിന്നെ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടിയായിരുന്നു ആ സമയത്തൊക്കെ നമ്മളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് അച്ഛനും അമ്മയാണ് അപ്പോൾ എന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന രണ്ട് ശക്തികൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുമാണ് അപ്പോൾ എന്നെപ്പോലെ കോടിക്കണക്കിന് പേരുള്ള അധിവസിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ടാകണ്ടേ ആ ചിന്തയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അച്ഛൻ അമ്മ എന്ന സങ്കല്പത്തിലെ സൂര്യനെ അച്ഛനായിട്ടും ചന്ദ്രനെ അമ്മയായിട്ടും കണക്കാക്കിയത് സൂര്യൻ അച്ഛനാണ് ചന്ദ്രൻ അമ്മയാണ് ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിലും അച്ഛൻ്റെ പ്രാതിനിധ്യം കാരകത്വം സൂര്യനും അമ്മയുടെ പ്രാതിനിധ്യം മാതൃകാരകത്വം ചന്ദ്രനുമാണ് ഇനി നമ്മളിതിൻ്റെ സ്വഭാവം നോക്കുമ്പോഴും അത് വളരെ ശരിയാണെന്ന് കാണാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അച്ഛൻ്റെ അമ്മ സങ്കല്പമൊക്കെ വന്നത് ഈ അടുത്ത കാലത്തല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന് പ്രത്യേകം ഓർക്കണം ആ കാലത്ത് ഇന്നത്തെ പോലെ സ്ത്രീകൾ ജോലിക്ക് പോവുക എന്നൊരു സങ്കല്പം തന്നെ ഉണ്ടായിരുന്നില്ല കുടുംബനാഥൻ അച്ഛനായിരുന്നു കുടുംബനാഥ എന്ന സങ്കല്പം തന്നെ അത്ത കാലത്താണ് ആലോചിക്കണം ആ കാലഘട്ടം കൂടി നമ്മൾ ചിന്തിക്കണം അച്ഛൻ ജോലിക്ക് പോകണു അല്ലെങ്കിൽ അധ്വാനിക്കുന്നു അമ്മ വീട്ടുജോലികൾ ചെയ്യണു കുട്ടികളെ നോക്കണു കുടുംബം നോക്കണു പക്ഷേ അമ്മയ്ക്ക് തുല്യ പ്രാധാന്യമുണ്ട് കുടുംബത്തിലെ പല സമയത്തും അച്ഛനേക്കാൾ പ്രാധാന്യം അമ്മയ്ക്കാണ് ഉള്ളത് അച്ഛൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഫലപ്രദമായ രീതിയിൽ കുടുംബത്തിൻ്റെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആളാണ് അമ്മ ഇതുവന്നെയാണ് സൂര്യനും ചന്ദ്രനും ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് എല്ലാവർക്കും നമുക്ക് ആലോചിച്ചു തന്നെ അച്ഛനോട് എല്ലാവർക്കും ഒരകൽച്ച അല്ലെങ്കിൽ അമ്മയോട് പെരുമാറുന്ന പോലെ ഫ്രീ ആയിട്ട് അച്ഛനോട് പെരുമാറില്ല അച്ഛനൊരു ഗൗരവക്കാരനാണ് ചെറിയൊരു ദേഷ്യവും ചൂടും ഉണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടു നിൽക്കും അച്ഛൻ അച്ഛനെ കുറച്ച് വിട്ടു നിൽക്കുമ്പോൾ അങ്ങനെയല്ല അമ്മ അങ്ങനെയല്ല അമ്മ വളരെ സ്നേഹവതിയാണ് അമ്മയോടാണ് അടുപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രത്യേകിച്ച് കുട്ടികളായിരിക്കണ സമയത്തൊക്കെ അപ്പം അതുകൊണ്ട് അതേ സങ്കല്പം തന്നെയാണ് സൂര്യൻ അച്ഛനാണ് സൂര്യനെ നല്ല ചൂടാണ് സൂര്യൻ നമ്മളിൽ നിന്നും കുറച്ച് അകന്നിട്ടാണ് നിൽക്കുന്നത് കുറച്ച് നല്ലോ അകന്നിട്ടാണ് നിൽക്കുന്നത് പക്ഷേ സൂര്യൻ ഇല്ലാണ്ട ഭൂമിയിൽ ഒന്നും നടക്കില്ല അച്ഛൻ കുടുംബനാഥനാണ് അച്ഛൻ ആണ് കുടുംബം മുഴുവൻ നോക്കണത് ഈ ഭൂമിയാകുന്ന കുടുംബം മുഴുവൻ നോക്കണ ആൾ സൂര്യനാണ് സൂര്യൻ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവജാലവും ഇല്ല അച്ഛനില്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മൾ ഗുണം എന്താണ് അമ്മ ഉണ്ടെങ്കിലേ അച്ഛനുള്ളൂ അച്ഛനുണ്ടെങ്കിലേ അമ്മയുള്ളൂ ഒരു സ്ത്രീ അമ്മയാവണം എന്നുണ്ടെങ്കിൽ അച്ഛനുണ്ടാവണം പുരുഷൻ്റെ ബീജം അവരുടെ ഗർഭപാത്രത്തിൽ വന്ന് അവർ പ്രസവിക്കണം അവർ പ്രസവിച്ചൊരു കുട്ടി അച്ഛനും ഉണ്ടാവുള്ളൂ അപ്പം അച്ഛനും അമ്മയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനുണ്ടെങ്കിലേ അമ്മ ഉള്ളൂ അമ്മ ഉണ്ടെങ്കിലേ അച്ഛനുള്ളു രണ്ടു പേരുണ്ടെങ്കിലേ ഈ കുടുംബം നിലനിൽക്കുള്ളൂ അപ്പം അതുകൊണ്ട് സൂര്യൻ അച്ഛനാണ് ഭൂമി മൊത്തം ഒരു കുടുംബമായിട്ട് കണക്കാക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് സൂര്യന് സൂര്യൻ കുറച്ച് ചൂടനാണ് അച്ഛൻ്റെ സ്വഭാവനെ കുറച്ച് നിൽക്കുന്ന ആളാണ് പക്ഷേ സൂര്യൻ ഇല്ലാതെ ഒന്നും നിലനിൽക്കില്ല സൂര്യനാണ് ഇത് മുഴുവൻ നിലനിർത്തുന്ന ആൾ അതേ സമയത്ത് ചന്ദ്രൻ അമ്മയാണ് അമ്മ നോക്കൂ മാതൃസ്നേഹം ഭൂനിലാവ് പോലെ തന്നെ പറയാറുണ്ട് അമ്മ വളരെ സൗമ്യയാണ് അമ്മയ്ക്ക് ചൂടേയില്ല നിലാവിന് ചൂടില്ല ഒരു കാരണവശാലും അമ്മ സ്നേഹവതിയാണ് വളരെ സൗമ്യയാണ് നല്ല പൂനിലാവ് പോലെ തെളിഞ്ഞ സ്നേഹം തരുന്ന ആളാണ് ഇതുവന്നെയാണ് ചന്ദ്രൻ ചന്ദ്രൻ പൂനിലാവാണ് തരുന്നത് മാത്രമല്ല അച്ഛൻ്റെ അഭാവത്തിൽ ഈ കുടുംബം മുഴുവൻ നോക്കണത് അമ്മയാണ് പകലേ അച്ഛനുണ്ട് സൂര്യനുണ്ട് രാത്രി സൂര്യൻ ഇല്ല അപ്പം അതുകൊണ്ട് ആ സൂര്യൻ്റെ അഭാവത്തിൽ ഈ കുടുംബം മുഴുവൻ ഭൂമിയാകുന്ന കുടുംബം മുഴുവൻ നോക്കുന്നത് ചന്ദ്രനാണ് അതും വളരെ സ്നേഹമുള്ള നിലാവുകൊണ്ട് പൂനിലാവ് കൊണ്ട് ഒട്ടും അമ്മയ്ക്ക് ദേഷ്യമില്ല കോപല്ല മാത്രല്ല അച്ഛൻ്റെ അമ്മയ്ക്ക് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിലും അമ്മയ്ക്കല്ല ഇന്നത്തെ കാലത്തും ഭൂരിഭാഗം അങ്ങനെയാണ് അമ്മയ്ക്കല്ല അച്ഛനാണ് അധ്വാനിച്ച് വരുമാനമുണ്ടാക്കുന്നത് അച്ഛനിൻ്റെ വരുമാനം ഫലപ്രദമായ രീതിയിൽ സ്വീകരിച്ച് അമ്മ കുടുംബം നോക്കുകയാണ് ചെയ്യണത് അതുവന്നെയല്ലേ നോക്കൂ സൂര്യൻ്റെ പ്രകാശത്തിനെ സ്വീകരിച്ച് അത് ഫലപ്രദമാക്കി തണുപ്പിച്ച് ചന്ദ്രൻ ഭൂമിയിലേക്ക് തരികയാണ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഭൂമിയിലുള്ള അച്ഛൻ്റെ അമ്മയുടെ അതേ സങ്കല്പം തന്നെ സൂര്യൻ്റെ അച്ഛൻ്റെ വരുമാനം അമ്മ കുടുംബത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് ചിലവായിക്കണമെന്നുള്ളതുപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശം സ്വീകരിച്ച് ആ പ്രകാശത്തിനെ തണുപ്പിച്ച് അമ്മ ഈ ഭൂമി മുഴുവൻ എത്തിക്കുന്നു അപ്പോൾ അച്ഛൻ അമ്മ എന്ന രണ്ട് സങ്കല്പം എത്ര മനോഹരമായിട്ടാണ് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ പൂർവികന്മാരെ സൂര്യനും ചന്ദ്രനും കൽപ്പിച്ചു കൊടുത്തിരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എത്രമായിട്ട് നമുക്ക് അടുത്ത ദിവസം പറയാം എല്ലാവരും അത് കേൾക്കുക ആലോചിക്കുക മനസ്സിലാക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക ഇത് എത്ര ആൾക്കു ഫോർവേഡ് ചെയ്യാം യാതൊരു കുഴപ്പമില്ല ഇത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഉദ്ദേശം നമസ്കാരം